പതിനാറാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അന്റെ അന്യം നാ സദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദ ബുദ്ധിയോരം ദൃഷ്ടോണ്ട ർശിക്കുക അസഹഭാവ് നവിദ്യേ അസത്തായ അസത്തെന്ന് പറഞ്ഞാൽ സത്തല്ലാത്ത ഒന്നാണ് പക്ഷേ എന്റെ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ശരീരത്തെ എന്തുകൊണ്ടതിനെ അസത്തെന്ന് പറഞ്ഞാൽ നശിക്കുന്നു അപ്പോ അസത്തായ ദേഹസ്യ ദേഹത്തിന് വിശേഷണമാണ് അതിന് സത്ഭാവം സത്വം ഉമ്മ എന്ന വിദ്യയിലില്ല വളരെ സ്പഷ്ടമാണ് ദേഹം നശിക്കുന്നതാണ് അതിന് സത്വമില്ല നാശമില്ലാതെ നിലനിൽക്കുക അതാണ് സത്വം പിന്നെ നാഭാവോ വിദ്യത്തെ സതഹ സത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ് നിൽക്കുന്നു ആത്മാവിന് നവിദ്യതെ അഭാവം എന്ന് പറഞ്ഞു നവിദ്യതയില്ല ശരീരത്തിന് നാശമുണ്ട് ആത്മാവിന് നാശമില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ഈ പ്രകരണം ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഭഗവാൻ അർജുനോട് പറയുന്നു ആത്മാവിനെ കുറിച്ച് ശരീരത്തെ കുറിച്ചാണ് ആത്മാവിന്റെ നിത്യതയെ കുറിച്ച് ശരീരത്തിന്റെ അനിത്യതയെ കുറിച്ചാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരർത്ഥമേ ഇവിടെ വരും അപ്പൊ ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാം ഉഭയോരവി അനയോഹോ ഉഭയോരവി അന്തഹ തത്വദർശിവി ദൃഷ്ട അത് പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യങ്ങളുടെയും നിർണയം ഇതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം തത്വദർശികളാൽ പറയപ്പെട്ടിരിക്കുന്നുവെന്നോ തത്വദർശികളെ അറിഞ്ഞിരിക്കുന്നുവെന്നോ എന്റെ ഗുണങ്ങൾ പറയാം എന്താണ് നിർണ്ണയം ആത്മാവ് നിത്യമാണ് ശരീരം അനിത്യമാണ് എന്തുകൊണ്ട് അർജുനോട് പറയുന്ന അതുകൊണ്ട് നീ രണ്ടു കാര്യവും ചിന്തിച്ചിട്ട് ദുഃഖിക്കേണ്ട കാര്യം ആത്മാവ് എന്തായാലും നശിക്കുന്നില്ല അതുകൊണ്ട് അത് നശിക്കുമെന്ന് വിചാരിച്ച് ദുഃഖിക്കണ്ട ശരീരമാണെങ്കി എന്തായാലും നശിക്കുന്നതാണ് നീ അതിന്റെ പേരിലും ദുഃഖിക്കേണ്ട നീ ദുഃഖിച്ചാലും നശിക്ക ഭക്ഷ്യത്തിന്റെ പ്രത്യേകത മുതലും വളരെ സിമ്പിളാകും അർത്ഥം മനസ്സിലാവുക ഏതൊരു കുട്ടിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം ശങ്കരഭാഷയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കടുകട്ടിയാണ് മനസ്സിലാവണമെങ്കിൽ തലവു തീരും അതുകൊണ്ട് ഏതാണ് മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ചില ആൾക്കാർക്ക് കടുകട്ടിയാണ് ഇഷ്ടം അവർക്ക് ശങ്കരഭാഷയാണ് മെച്ചപ്പെട്ടത് ചിലർക്ക് സിമ്പിളായിരിക്കുന്നതാണ് ഇഷ്ടം അത് അധ്വാനിക്കാനുള്ളത് അവർക്ക് രാമാനുജാഷ്യമാണ് ഇഷ്ടം നല്ലത് മെച്ചപ്പെട്ടത് അങ്ങനെ പറയാൻ പറ്റും അത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ചിട്ടാണ് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ശങ്കര ഭാഷയും ഞാൻ വളരെ ഒക്കെ ചർച്ച ചെയ്യും അത് മനസ്സിലായൊരു അറിവിലും ഉണ്ടെങ്കിൽ പാടും അതേസമയം ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും ആത്മാവ് നശിക്കാത്ത ആളും ശരീരം നശിക്കുന്നതാണ് ഇത് മനസ്സിലാകാത്ത ആരും കാണത്തില്ല അതാണ് രണ്ടും നമ്മൾ വ്യത്യാസം അടുത്തു ആത്മനസ്തു അവിനാശിത്വം കഥമാവതം ഇതയിട്ട് എത്ര ആത്മാവിന്റെ അവനാശിത്വം ആത്മാവ് നിശ്ചയാത്തതാണോ ഇതെങ്ങനെ മനസ്സിലാക്കും അടുത്ത ശ്ലോകം അവിനാശിതദ്വിധി സർവമിതം തദം വിനാശിന്റെ അസ് നശിത് കർത്തുമർഹതി തന്ന അവിനാശിത് തദ്വിദ്യ തത്തിനെടുക്കാൻ ഈ തത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ആത്മതത്വം എന്തുകൊണ്ട് ആത്മാറിയാസ ദേഹി എന്ന് പറഞ്ഞ പറയും പക്ഷേ ബാഹ്യത്തിൽ തത്വം എന്ന് പറഞ്ഞു ഇത് ശങ്കരാഹാരക്കളെ പോകുന്നത് കാരണം അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞ ആത്മതത്വം അതിന് തെറ്റൊന്നുമില്ല അങ്ങനെയും പറയാം അതാത്മതത്വം അവിനാശി വിദ്ധി അത് നിശ്ചയാക്കാണ് മനസ്സിലാക്കുക എന്നറിഞ്ഞു അവിനാശി നഷ്ടം ശീലം അശീലി അവിനാശി നാശ സ്വഭാവം അല്ലാത്തത് ഇക്കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പാണ് എന്താണ് ശരീരത്തിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വേറിട്ട് നശിക്കാത്തതായ ഒരാത്മതത്വം ഉണ്ട് അത് വ്യത്യാസം വാർത്തയുണ്ട് ഏനാത്മതത്വേന ചേതനേന തദ്വ്യതിരിക്തം ഇതം അചേതനം അചേതനതം സർവം തതം ഏനാത്മതത്വേന ആത്മതത്വം എന്ന് പറയുമ്പോൾ കേവലം ജീവാത്മാത്രമല്ല ഈശ്വരമെല്ലാം ആത്മതത്വത്തിൽപ്പെടുന്നു അതുകൊണ്ട് ചേതനേന തദ്വ്യതിരിക്തം ഇതം അതിലൊന്ന് വ്യതിരിക്തമായിരുന്നു അചേതനമായ തത്വം ചിത്ത് അജിത്ത് അജിത്തായിരിക്കുന്ന എല്ല ജഡം എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണോ വ്യാഖ്യാനത്തിൽ പറയും എങ്ങനെയാണോ എണ്ണം വ്യാപിച്ചില്ലെങ്കിൽ അതുപോലെ വ്യാപിച്ചിരിക്കുന്നു ശേഷരാമാനുചാരിന്ന് പറയും തസൃഷ്ടോ തദയോ അനുപ്രാവശ്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ജീവരൂപത്തിൽ ഓരോന്നിനും പ്രവേശിച്ച് അതിനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയും വ്യാപിക്കാമെന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഈശ്വരൻ നല്ല ജീവൻ പക്ഷെ അവിടുത്തെ സിദ്ധമാണ് ഈശ്വരൻ എന്നും വേർട്ട് ജീവനും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ജീവൻ ഈ സൃഷ്ടിയിലെല്ലാം പ്രവേശിച്ച് പ്രവേശിച്ചിരിക്കുന്നു അതിനെ പറയുന്നുണ്ട് വ്യാപകത്വന നിരജിസ്യ സൂക്ഷ്മത്വവും ആത്മനവും വിനാശ നഗർ വ്യാപകത്വേദം നിരത് ചെയ്യ സൂക്ഷ്മ നിരദേശ സൂക്ഷ്മം എന്ന് വെച്ചാൽ ചൈതന്യത്തെ പോലെ സൂക്ഷ്മമായി വേറെ പരമസൂക്ഷ്മമായിരിക്കുകയാണ് അതാണെന്ത് ആത്മാവ് അത് വിനാശമാണ് അസിക്കുക അത് നാശം സംഭവിക്കുക ആത്മാവിനൊ നാശം തദ്വ്യതിരിത്തോ അല്ല കശ പദാർത്ഥവും അതിൽ നിന്ന് ഭിന്നമായ ഒന്നിനും എന്താണ് വിനാശം കത്ത് പറയുന്നത് എന്നും നശിപ്പിക്കുന്നു പറയുന്നത് മാർഗങ്ങൾ പറയുന്ന എന്താണ് ഇപ്പം യുദ്ധം ചെയ്യുന്നു ആയുധം കൊണ്ട് ഭീഷ്മദ്രോണാദികളെ കൊള്ളുവന്ന് അപ്പം അവരൊക്കെ ആത്മരൂപത്തിലാണെങ്കിൽ അവർക്ക് നാശം ശരീര രൂപത്തിലാണെങ്കി എന്തായാലും നശിച്ചു അതുകൊണ്ട് അത് ശരിക്കും ആത്മ അവർ കൊല്ലാൻ പറ്റത്തില്ല ആ നാശത്തെ കുറിച്ച് നീ ദുഃഖിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആത്മാവ് നശിക്കുന്നില്ല എന്ന് തദ്വ്യാപ്യതയാ തസ്മാത് സ്ഥൂലത്വം ആത്മചൈതന്യം വ്യാപ്യതയ അത് വ്യാപിച്ചിരിക്കുന്നതുണ്ട് തസ്മാ ആത്മചൈതന്യത്തെക്കാൾ സ്ഥൂലത്വ സ്ഥൂലമാണ് ശരീരവും പറ്റും കാരണം വ്യാപിക്കുക എന്നുള്ള സൂക്ഷ്മരൂപത്തിൽ അത് പ്രവേശിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മരൂപത്തിൽ അതിൽ പ്രവേശിക്കണമെങ്കിൽ ഏതിരാണോ പ്രവേശിക്കുന്ന അസൂലമായി പ്രവേശിക്കുന്നതിനപേക്ഷ അല്ലാതെ ആ ഉള്ളിൽ കയറാൻ പറ്റും നമ്മളൊരു വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു നമ്മളെക്കാളും വലുതായിരിക്കും ഗുലാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു തദ്വ്യക്യതും തത്വം എന്ന് പറയുന്നത് ആത്മതത്വത്തെക്കുന്നു അത് വ്യാപിച്ചിരിക്കുന്നതെന്നുണ്ട് തസ്മ ആത്മാക്കാൾ സ്ഥൂലമാണ് ശരീരം അതുകൊണ്ട് അത് നശിക്കും എന്തുകൊണ്ട് നശിക്കും അതിന് പറയുക അത് തന്നെ വിശദീകരിക്കുന്നു ശാസ്ത്ര ശസ്ത്ര ജല ഹും വാവികം ശിഥിലീകരോ നശിപ്പിക്കുന്ന നാശകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നശിപ്പിക്കുന്നത് ശസ്ത്രമായുധങ്ങൾ നശിപ്പിക്കും ജലം അഗ്നി വായു തുടങ്ങിയ ഭൂതങ്ങൾ ഒന്ന് മറ്റൊന്നും നശിപ്പിക്കും അവയെല്ലാം എങ്ങനെ നശിപ്പിക്കുന്നു നാശ്യം വ്യാപ്യ ശിഥിലീകരോ നശിക്കുന്നതിനെ വ്യാപിച്ചിട്ട് അതിനെ ശിഥിലമാക്കുന്നു എന്നൊരു പലതരത്തിലാണ് ഈ വ്യാപിച്ച് നശിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഓരോ തരത്തിലായിരിക്കില്ല ജലം മണ്ണിനെ വ്യാപിച്ചിട്ട് മണ്ണിനെ ശിഥിലമാക്കി നശിപ്പിക്കുന്നു വായു അഗ്നി വ്യാപിക്കുകയെന്ന് വെച്ചാൽ അതിനോട് സമീപത്തിൽ വന്നിട്ട് അതിനെ നശിപ്പിക്കുന്നു അപ്പോൾ വ്യാപിച്ച് നശിപ്പിക്കുകയെന്ന് പറയുന്നത് പലതരത്തിലാണ് ആയുധം ശരീരത്തിൽ വ്യാപിച്ച് നശിപ്പിക്കുന്നതുമായിട്ട് വേഗ സംയോഗങ്ങൾ അതിനെ ചിന്ന ഭിന്നമാക്കി നശിപ്പിക്കുന്നു അപ്പോ ഇങ്ങനെ വ്യാപിച്ച് ഒന്ന് മറ്റൊന്നിനും നശിപ്പിക്കും അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടും നശിപ്പിക്കും ഇതൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി പൊതുവായൊരു കാര്യം പറയാണ് ഒരുപാട് തർക്കങ്ങളൊക്കെ ഇവിടെ വ്യാഖ്യാനങ്ങൾക്കറ അത്തരം തർക്കങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രസക്തിയുള്ള തർക്കങ്ങളാണ് പണ്ടത്തെ പദാർത്ഥ വിജ്ഞാനം അനുസരിച്ച് പറയുന്ന തർക്കങ്ങളാണ് ഇന്നത് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നാശകം ഹി ശസ്ത്രജല അതിന് വഴിയാകും നാശികൾ നശിക്കുന്നതിന് വ്യാപിച്ച് ശിദ്ധീകരവും ശിഥലമാകുന്നു നശിതും മൃഗരാഗയ യോഗി ഗതയും മറ്റും വേഗവത് സംയോഗ്യാണ് സംയോഗം വരുമ്പോൾ വായു ഉപാദ്യം അവിടെ ഒരു ഗതയടുത്ത് ഒരു മൺപാത്രത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തലിച്ചു കഴിഞ്ഞാൽ വേഗത്തിലാണ് അടിക്കുന്നതെങ്കിൽ ആ വേഗം കൊണ്ട് അവിടെ വായുണ്ടാവും തദ്വാരാശേരി സമ്മർദം ഉണ്ടാകുന്നു അതിനെ നശിപ്പിക്കുന്നു പഴയ ഒരു ചിന്താഗതി അനുസരിച്ച് പറയുന്നതാണ് എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് ഇന്നും പ്രത്യേക പഠനങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നത് സാമാന്യമായി പഴയകാലത്തുള്ള അവരുടെ അറിവ് ഇങ്ങനെ ഇത് എങ്ങനെ രീതിയിൽ നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല അതെങ്ങനെയാണെന്നുള്ള വസ്തു വേറൊരു വസ്തുവിടെ നശിപ്പിക്കുന്നത് പണ്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാത്തിനെയും നശിപ്പിക്കാം അത് ആത്മതത്വം അവിനാശിയും പക്ഷെ ആത്മതത്വം എന്താണ് അവിനാശികൾ നശിക്കുന്നില്ല ഇതാണുള്ള പറയുന്നത് അത് എന്തുകൊണ്ടും നശിക്കുന്നില്ല അത് ഈ നശിക്കുന്ന ഇല്ലാത്തവരാണ് അത് സൂക്ഷ്മ രൂപത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ സൃഷ്ടികളിലെല്ലാം അനുപ്രവേശം ചെയ്തതാണ് പ്രവേശിച്ചാണ് അതുകൊണ്ട് അതിന് നാശമുണ്ട് ബാക്കിയെല്ലാം നശിച്ച് അതിന് ശാസ്ത്ര പ്രമാണമാണ് അതിനുവേണ്ട ഒരു ചെറിയ വ്യക്തിയാണ് കൂടെ പറഞ്ഞത് തത്വവും ആത്മതത്വമാകട്ടെ അവിനാശി വിദ്ധി അത് നശിക്കാത്തണെന്ന് മനസ്സിലാകും ഉയേന ആത്മതത്വത്തോ സർവം മിതം കാണുന്ന സർവവും തത് വ്യാപ്തം വ്യാപിച്ചിരിക്കുന്നു അഭയസ്യസിനാശം നശിക്കാത്തതായ അതിൻ്റെ നാശം കസ്സി കർത്തും അറിവ് നശ്യം ഒരുത്തനും നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സന്ദർഭത്തിന് ഇതെടുത്തു പറയുന്നത് എന്താണ് അർജുനോട് പറയുന്നത് നീ അവരെ കൊല്ലും അവര് മരിച്ചുപോകും നശിച്ചുപോകും എന്ന് നീ ചിന്തിക്കരുത് നിനക്കവരെ നശിപ്പിക്കാൻ കഴിയത്തില്ല അവരെല്ലാം ആത്മസ്വരൂപമാണ് ശാങ്കരഭാഷ ഇതുപോലെയൊക്കെ തന്നെ പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും പൊതുവെ ആശയത്തിൽ അത് കഴിഞ്ഞ പദ്യത്തിൻ്റെ ഈ അംഗന ഭാഷ പദ്യാർത്ഥ ഏകദേശം അമ്മാനുചാചാരൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഖ്യാനത്തിനാണ് കൂടുതൽ കാര്യങ്ങൾ വന്നത് വലിയ വ്യത്യാസമുണ്ട് വ്യാഖ്യാനങ്ങളും വലിയ വ്യത്യാസം പദ്യത്തിന്റെ അർത്ഥം പറയുക കാരണം പദ്യം എന്ന് പറയുന്നത് വളരെ ലളിതമായ സംസ്കൃതമാണ് അപ്പൊ അതിന്റെ അർത്ഥത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല പക്ഷെ ഇതിന്റെ താല്പര്യം ഇന്നതാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നടുത്ത് എന്തു വേണോ വ്യാഖ്യാനിക്കുക കൂടെയാണ് തമ്മില് യോജിക്കാതെ പച്ച വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ വ്യാഖ്യാനം വരുമ്പോൾ ഓരോരുത്തരും അവരവരുടെ സിദ്ധാന്തത്തെ പറയും ദേഹാനാന്ത് വിനാശിത്വമേവ സ്വഭാവം ദേഹം എന്തായാലും നശിക്കുന്നു അതിനെക്കുറിച്ച് ദുഃഖിക്കണ്ട ഈ കൊന്നില്ലെങ്കിലും അവരൊക്കെ ഒരുക്കിച്ചാകും എന്തുകൊണ്ട് ദേഹാനാന്ത് വിനാശിത്വമേവ സ്വഭാവം ആണ് അന്ധവന്ത ഇമേദേഹ നിത്യസ്ത ശരീര അനാശനം അക്രമേയ തസ്മാസ്തു ഭാരത ഇവിടെയും പറയുന്നത് അത് ഈ ആത്മാവ് നശിക്കത്തില്ല നീ എത്ര കൊല്ലാൻ ശ്രമിച്ചാലും അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ ഗീതയില് പല സന്ദർഭങ്ങളിലും ഭഗവാൻ നേരിട്ട് പറയുമ്പോൾ കൊല്ലൂ കൊന്നേരെ തറപ്പിച്ചു പറയുന്ന ഒരു സന്ദർഭമാണ് യുദ്ധസ്വഭാരത യുദ്ധം ചെയ്യും കൊല്ലാതിഹാരേ അടിക്കട എന്നാണ് ഡോട്ട് മധ്യപുരുഷൻ എന്നാണ് വിധിയാണ് നീ ചെയ്യോ ഇവിടെ സംഗ്രഹയൻ ഇതിനൽപ്പൊന്നും ട്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനു തന്റെ സിദ്ധാന്തം എഴുതി ഇദ്ദേശം പറഞ്ഞാൽ എന്റെ പറ്റത്തില്ല അതൊന്നും മാറ്റിയിട്ടില്ല യുദ്ധം ചെയ്തത് തന്നെയാണോ അത് സംസ്കൃത അനഭിജ്ഞന്മാരാണ് ഇതൊക്കെ മാറ്റം ഈ ആധുനികമായ വ്യാഖ്യാതാക്കളുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ വ്യാഖ്യാതാക്കൾ അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വരുന്നത് ഭഗവാൻ യുദ്ധം ചെയ്യാനും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു വേറെയാണെന്ന് വിദ്യാൽ യുദ്ധം ചെയ്യരുതെന്നാണ് അർത്ഥം അല്ല പക്ഷെ ശങ്കരാചാര്യയുടെ ഒരു ബുദ്ധി എന്താണ് യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക അർത്ഥം അത് പക്ഷേ യുദ്ധത്തെ വിധിക്കുന്നില്ല പിന്നെന്താ ചെയ്യുന്നത് അനുവാദം അനുവാദം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാപ്തമായൊരു കാര്യത്തിൽ പറയുക നേരത്തെ തന്നെ ഇത് പ്രാപ്തമാണ് എന്തുകൊണ്ട് ക്ഷത്രിയനാണ് ക്ഷത്രിയന്റെ നിത്യത്തൊരിലാണ് ഇദ്ധം അപ്പൊ അത് എന്തായാലും അർജുനെന്ന് സന്യസിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ക്ഷത്രിയനാണ് ക്ഷത്രിയ ജാതിയെപ്പോൾ സന്യസിക്കാൻ പറ്റില്ല എന്നാണ് ശങ്കരാചാര്യരുടെ അതുകൊണ്ട് വ്യക്തമായും പറഞ്ഞു സന്യസിക്കാൻ പറ്റത്തില്ല പിന്നെന്തായാലും യുദ്ധം തന്നെ ചെയ്യണം പക്ഷെ യുദ്ധത്തെ അങ്ങോട്ട് വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താവണം അത് പറയാനും പറ്റില്ല യുദ്ധത്തെ വിധിക്കുന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പ്രശ്നം അത് ഇന്നീ എന്താണോ രാഷ്ട്രീയ വ്യാഖ്യാതകൾ പറയുമ്പോൾ മനസ്സിലാക്കാതെ പറയുന്നു അനുവാദമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് വിരോധമുള്ളതുകൊണ്ടെന്ന് യുദ്ധം പാടില്ല സമാധാനം ആഗ്രഹിക്കുന്നുവെന്നാണ് യുദ്ധം ചെയ്യാൻ രീതി പറയുന്നില്ലെന്നാണ് പറയുന്നത് പരമാവധി പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ കാരണം എന്താണ് ഇന്ന് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന അക്രമികളായ ഗാന്ധിമാരാണ് അക്രമവും വേണം ഗാന്ധിയും വേണം അപ്പൊ ഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഹിംസയില്ല ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടത് എന്നാണ് എന്തുകൊണ്ടാണ് ഗാന്ധി എങ്ങനെ വ്യാഖ്യാനിച്ചത് അറിയാം ഗാന്ധി വ്യാഖ്യാനിക്കാൻ കാരണം ബൈബിള് വായിച്ചിട്ട് ലൈബ്രീ പറയുന്ന എന്റെ വരത്തെ കർണത്തടിച്ചാൽ ഇരട്ട അകത്തെ കർണം കാണിച്ചു തുടങ്ങിയത് ഈ യുദ്ധത്തിനെതിരായി ഹിംസയ്ക്കെതിരായി ഒരുപാട് വാക്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിക്ക് തുടങ്ങിയ ബൈബിള് വളരെ മഹത്വമുള്ളതാണ് നല്ലൊരു ഉപദേശമാണ് ഒന്നാമത് നീലോക മഹായുദ്ധങ്ങളുടെയൊക്കെ സന്ദർഭമാണ് മനുഷ്യന് യുദ്ധത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു മരിക്കുന്നു ഗാന്ധി വിചാരിച്ചത് കാര്യം കഴിഞ്ഞാൽ നമുക്കും അതുപോലൊരു കിതാബ് ഇരുന്നോട്ടെ യുദ്ധമില്ലാത്തൊരു കിതാബ് അതായത് ഗീത എന്ന് പറഞ്ഞിട്ട് വായി തോന്നിയത് ബോധയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു ഗീത എനി വ്യാഖ്യാനിച്ചു എന്ന് പറയാൻ പറ്റില്ല ബോധപൂർവം ചെയ്ത് തന്നെ കാരണം യുദ്ധവിരുദ്ധത ആണ് ഗീത പറയുന്നതെന്ന് കാണിക്കാൻ അപ്പോ പൊതുവെ ഒന്നും രണ്ടും ലോകം ആയുധം കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യരുടെ മനസ്സിൽ ഒരു യുദ്ധവിരുദ്ധത വന്നു കാരണം അതുണ്ടാക്കിയ നാശങ്ങളും വേദനയും ഇനിയൊരു യുദ്ധം വേണ്ട പ്രത്യേകിച്ച് അണുബാമിന്റെ പ്രയോഗം കുട്ടിക്ക് മനുഷ്യരായി യുദ്ധത്തിനെതിരായ ചിന്താ അപ്പൊ പിന്നെ അങ്ങനെ വേണമല്ലോ അവിടുത്തെ പ്രധാന ഒരു ഗ്രന്ഥമാണ് ഗീത അപ്പൊ ഗീതയിൽ യുദ്ധമില്ല എന്നങ്ങ് വ്യാഖ്യാനിച്ചതാണ് ബതപൂർവ്വം ചെയ്താണ് ഇവിടെ വ്യക്തമായും പറയുന്നു വിദ്യാഭ്യാസ ചെയ്യൂ എന്നാണ് പറയുന്നത് ര് പറഞ്ഞിരുന്നത് അനുവാദമാണ് എന്ന് പറയാൻ ശങ്കരാചര് പറയാൻ എന്താ കാരണം യുദ്ധവിരോധം കൊണ്ടൊന്നുമല്ല അനുവാദം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യുദ്ധത്തെ അംഗീകരിക്കണം കൊണ്ട് ക്ഷത്രിയന് ചാതുപോലെ നിയമം യുദ്ധം സ്വധർമ്മമാണ് സ്വധർമ്മ ഉച്ചാപേക്ഷം അർഹസ് അത് വ്യക്തമായും പറയുന്നുണ്ട് സ്വധർമ്മേയും ചിന്ത നേയം യുദ്ധം ചെയ്തത്വം ഇവിടെയൊക്കെ ശങ്കരാചാര്യ സ്പഷ്ടമായിട്ട് യുദ്ധത്തെ തന്നെ അംഗീകരിക്കുന്ന ദോഷം ഈ സന്ദർഭത്തിൽ ഇവിടെ യുദ്ധത്തെ ഒരു വിധിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം അങ്ങനെ ഒരു ദോഷം അത് ശങ്കരായ സ്വീകാര്യമായൊരു കാര്യമല്ല ജ്ഞാനകർമ്മ സമുച്ചയത്തെ ഒഴിവാക്കമോദന സൽസ് ഉള്ളവരെല്ലാം ആ കാര്യം പറയുന്നു ഇവിടെ യുദ്ധം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചുവരെ എന്താണ് ദാർശനികമായൊരു വിഷയമാണ് അല്ല ലോകത്ത് യുദ്ധം വേണം വേണ്ടെന്നുള്ള കാര്യമാണ് ശങ്കരായൊരു ദർശനമുണ്ട് ആ ദർശനത്തിൽ ഞാൻ കർമ്മ സമുച്ചയം അംഗീകരിക്കാൻ ഒരു കർമ്മവിശേഷം പറ്റും അപ്പൊ യുദ്ധം എന്ന് ഇവിടെ വിധിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കർമ്മം സമുച്ചയം വരുന്നില്ല ഇനി അങ്ങോട്ട് ഉപദേശിക്കുന്നത് മുഴുവൻ തത്വജ്ഞാനമാണ് സംഗ്ര അഭിപ്രായത്തിൽ ജീവാത്മ പരമാത്മ ഏകത്വമാണ് ഉപദേശിക്കുന്നത് അതിനോടൊപ്പം യുദ്ധം ചെയ്യാൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനവും യുദ്ധവും അഭിപ്രായത്തിൽ ജ്ഞാനകർമ്മനോർ വിരോധ കമ്പിത അത് ജ്ഞാനവും കർമ്മവും നമ്മുടെ വിരോധം മാറി ചൽപ്പിക്കാൻ പറ്റാത്ത അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു ജ്ഞാനകർമ്മ ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് ബോർഡിക്കുന്ന ചർച്ചയാണ് ജ്ഞാനകർമ്മ സമുച്ചയ കണ്ടല്ല ഞാൻ കുറെ ഭാഗത്തേക്കത് ഒഴിവാക്കിപ്പോയി എന്നൊരു പ്രസക്തി ഇല്ലാത്ത കാര്യം ആ ജ്ഞാനകർമ്മ സമുച്ചയം വരാൻ പാടില്ല എന്നുവെച്ചാൽ ജ്ഞാനത്തോടൊപ്പം എന്തുവരണം കർമ്മസന്യാസം എന്നാണ് കർമ്മസമുച്ചയാണ് ഇത് വാശിയാണ് അതുകൊണ്ട് ശങ്കരായ പ്രാധാന്യം കൊടുത്തതിനോ സർവധർമാൻ പരിത്യച്ച് മാമേകം ശരണം പറഞ്ഞു അവിടെ കർമ്മസന്യാസത്തിനാണ് പ്രാധാന്യം ഇതായി എന്ത് വ്യാഖ്യാനിക്കാവുന്ന വരികളോ നമ്മള് വ്യാഖ്യാനിക്കാൻ തയ്യാറായിക്കൊണ്ടാവും ഈ ശങ്കരായത് പറഞ്ഞു എന്നുള്ള കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ മനസ്സിലാക്കാറുണ്ട് എന്താ ഞങ്ങള് ആദ്യം പറയുന്നു അപ്പോ ജ്ഞാനകർമ്മ സമുച്ചയം വരാതിരിക്കുന്നതിനു വേണ്ടി ശങ്കരാചാര്യ പറഞ്ഞു വിധിച്ചാൽ അത് വരും തത്വജ്ഞാന് കർമ്മം ചെയ്യണമെന്ന് വരും ഇപ്പൊ സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്ന ഗീതയിലെ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം നടക്കാത്ത തപശൈവ പാവനീഷണ നാദ്യം കാര്യമേവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്റെ സിദ്ധാന്തത്തിന് അനുകൂണമായി സംഗ്രഹാരെ വളരെ സമർത്ഥമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് തെറ്റ് പറയാൻ പറ്റുള്ള കാരണങ്ങളുണ്ട് സ്വന്തം സിദ്ധാന്തമാണ് അതുകൊണ്ടാണ് ഈ ഒരു പദ്യം ഈ തസ്മാതിസ്യ എന്ന് പറയുന്നത് ശങ്കരാചാര്യ വ്യാഖ്യാനത്തിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ഇന്നത്തെ രാഷ്ട്രീയ സന്യാസിമാരെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് അത് അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ യുദ്ധത്തിനെതിരായ കാര്യമൊന്നും തന്നെ പറയും ഞാൻ അകർമ്മ സംശയം വരെ ഇത്രയുള്ളു ശങ്കരാചാര് യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് രാമാനുചാചാര്യർക്കാവും നിർബന്ധമൊന്നുമില്ല രാമാനുചാചാരി പറയുന്നത് എന്താണ് യുദ്ധം ചെയ്യാതെ പറയം ചെയ്യുക എന്ന് തന്നെയാണ് എങ്ങനെ യുദ്ധം ചെയ്യണം ഈ രീതിയിൽ ശങ്കരാ വ്യാഖ്യാനിക്കാമായിരുന്നു പിന്നെ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ നമ്മളെ അധികാരികള് രാമാനുചാചാര്യെന്താ പറയുന്നത് യുദ്ധം ചെയ്യാതെ എന്ന് പറയും എങ്ങനെ ഇതും ചെയ്യുന്നു നിഷ്കാമമായി ഇദ്ദേഹം ചെയ്യുക പ്രശ്നം തേടുന്നുണ്ട് അപ്പൊ ഇതും ചെയ്യണ്ട എന്നും പറയുന്നു വിധിയെ നിരാകരിക്കുന്നില്ല ഇനിയും നിഷ്കാമമായിട്ടും ചെയ്യും അതല്ല രീതിയിൽ പറയുന്നു ഫലത്തെ ആഗ്രഹിക്കുക അതും അപ്പൊ വിധിയെ തഴഞ്ഞിട്ട് അനുവാദം എന്നൊക്കെ വ്യാഖ്യാനിച്ച് ജ്ഞാനകർമ്മ സംബന്ധിച്ചേക്ക് ഒഴിവാക്കുന്ന അതിനെ കുറിച്ച് ഇനി മുമ്പോട്ട് വന്നു ഞാൻ വിശദമായിട്ട് പറയുന്നു നല്ലൊരു അമാനുചാരിയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടി ലോജിക്കലായിരിക്കും യുദ്ധം ചെയ്യും എന്താ ദോഷം നിഷ്കാമമായി അതൊക്കെ നടക്കുകയും നടക്കില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം അതൊക്കെ പ്രായോഗികമാകുക എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ ആശയങ്ങളെ ഫലം ആഗ്രഹിക്കാതെ ആണോ ഇന്ന് യുദ്ധം ചെയ്തത് അങ്ങനെ ഇന്ന് യുദ്ധം പോലെയുള്ള ഒരു ഒരു ബലം ആഗ്രഹിക്കുക ചെയ്യാൻ പറ്റുമോ ചോദ്യങ്ങൾ ഒന്നും നല്ലത് അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചോദിച്ചു പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു നേരെ എന്നെ അന്വേഷിച്ചു ഫലം ആഗ്രഹിക്കാതെ യുദ്ധം ചെയ്യുക യുദ്ധത്തെ ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടം അത് സ്വീകരിക്കുക നമ്മൾ ഏതിൻ്റെ വക്താവായി മാറുന്നു ഏതിൻ്റെ പ്രചാരകനായി മാറുന്നു അതിനെ സ്വീകരിച്ചുകൊണ്ടും പോട്ടെ എന്നേ പറയാൻ പറ്റും അല്ല ഇതിൽ ശരി തെറ്റുകൾ ആത്യന്തികമായി വിധിക്കാൻ ശരി ഇന്നൊരാണോ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം രണ്ടുപേരും വലിയ പണ്ഡിതന്മാരാണ് വിഷുനാശാന് സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് സാമർത്ഥ്യമുള്ളവരാണ് അതനുസരിച്ച് വ്യാഖ്യാൻ ഇതൊക്കെ എങ്ങനെയാണെന്ന് പൊതുവായും മനസ്സിലാക്കി വയ്ക്കുക അതിനുവേണ്ടിട്ടാണ് പറയുന്നത് അല്ല ഒന്നിന് വാശി പിടിച്ചാൽ ഒരു ഭാഗത്തു എൻ്റെ കാര്യം ഭാഗ്യം ചന്ദ്രായെന്ന് പറഞ്ഞു എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇനി അടക്കം പറയുന്നത് അന്ത വന്ധ ഇമയദേഹം അദ്ദേഹം ഉപ്പച്ച ഉപയൂ ഇമയദേഹ വ്യാകരണത്തിൽ ഇപ്പൊ ചെയ്യോ വൃദ്ധി എന്നൊക്കെ അർത്ഥം പറയും ഈ ദിഹാന്ന് പറയുന്നത് ദിഹധാതു ധാതുപാഠത്തിൽ ദിഹാ എന്ന് പറാതു അതിൽ നിന്നാണ് ദേഹം ഉണ്ടായതെന്നുള്ളത് ഇവിടെ ഇപ്പൊ ചെയ്യം എന്ന് പറയുന്നത് കൊണ്ട് അവയവങ്ങളുള്ളതെന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ വേഖ്യതന്നെ ദേശീയങ്ങനെ അർത്ഥം പറയാം അപ്പൊ ദേഹം എന്ന് വെച്ച അവയവങ്ങളോടുകൂടി എന്തുകൊണ്ട് നശിക്കുന്ന അവയവം കൊണ്ടുള്ളതെല്ലാം നശിക്കും ആത്മാവിന് അവയവങ്ങളിൽ അംശങ്ങളിൽ നശിക്കത്തില്ല അപ്പൊ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ മനസ്സല്ലെങ്കിൽ ബുദ്ധിക്കും അപ്പുറം അവയവങ്ങളില്ലാത്ത ഒരു ചൈതന്യ വിശേഷമുണ്ട് അതാണ് ആത്മാവ് അതിന് ഗീത പോലുള്ള ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നു അതിൽ നിന്നും വിലക്ഷണമാണ് വ്യത്യസ്തമാണ് ശരീരം അത് അവയവങ്ങളോടുകൂടിയാണ് ഉപചയരൂപ ഇമേദേഹ അന്തവന്ത വിനാശ സ്വഭാവങ്ങളോടൊപ്പം ശിക്കുന്നു ദേഹം നശിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അതെടുത്തു പറയുന്നത് എന്തിനാണ് നശിക്കാത്ത ഒന്നും ഒന്നും ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം ആത്മാവെ കൊല്ലുന്നതിൽ അർജുനന് വന്ന മനപ്രയാസം അത് മാറ്റാൻ ഉപചരാത്മക ഘടാതയോ അന്തവന്തോ ദുഷ്ട പറ്റിയ ആത്മകം അവയവങ്ങളോടുകൂടിയതായ ഘടാതോന്ന് വെച്ചാൽ വസ്തുക്കളെല്ലാം അന്തവന്ത അവസാനമുള്ളതായിട്ട് നശിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അന്തവന്ത ഇതാരാണ് നിത്യസ്യ ശരീര ഇതാർക്ക് ഈ ശരീരം ശരീരി ശരീരമുള്ളവനാണ് ശരീര മധു മധുപർത്ഥത്തിലുള്ള കൃത്യം നിത്യസ് ശരീരമ നിത്യമായിരിക്കുന്ന ശരീരം ചാർത്ത ഇതേപോലെ തന്നെ ഇതേ അർത്ഥത്തിൽ നിന്ന് വീഴുന്ന ദേഹി നിത്യം അവധ്യോയും ശരീരം ദേഹി ഒക്കെ പോലെ അർത്ഥത്തിലാണ് ആത്മാവെന്നും പറയും പു പുരുഷനെന്നും പറയും പല ശബ്ദങ്ങളിൽ പറയും വ്യത്യസ്ത ശരീരണഹ് അപ്പ ആത്മാവിന്റേതാണ് ദേഹം എന്തിന് പറയുന്നു കർമ്മഫല ഭോഗാർത്ഥതയ ഭൂതസംഗാ നിരൂപാദേഹ ഇതൊക്കെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ത്മാവിന് കർമ്മഫല ഭോഗാർത്ഥം കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഭൂതസംവാതം പഞ്ചഭൂത സംവാദ രൂപത്തിലുള്ള ഈ ദേഹം അപ്പോ ആത്മാവെന്ന് പറയുന്നതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നൊരു തത്വത്തിൽ ഈ ആസ്തികന്മാരെല്ലാം എത്തിച്ചേരുന്നതിന് പ്രധാനമായ തർക്കം അങ്ങനെ ഒന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നത് കർമ്മത്തിന്റെ ഫലം മരണശേഷം അനുഭവിക്കാൻ ഒരാൾ വേണം എന്നുള്ള യുക്തിയിൽ നിന്നും കർമ്മങ്ങളെല്ലാം ക്ഷണികമാണ് പ്രത്യേകിച്ചും വൈദിക കർമ്മങ്ങൾ സങ്കല്പരൂപത്തിലാണ് അത് അടിസ്ഥാന സ്വഭാവ സങ്കല്പമാണ് സങ്കല്പമൊന്നും ഒരു ലക്ഷണീയമാണ് അതോടുകൂടി കർമ്മം അവസാനിച്ചു പിന്നെ കർമ്മം ചെയ്യുന്നവൻ മരിച്ചു പോകുന്നു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയാം പിന്നെ ഈ കർമ്മത്തിന്റെ ഫലം ആർക്ക് കിട്ടും കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഉണ്ടായാലേ പുരോഹിതനും മറ്റുള്ളവർ കൊണ്ട് കർമ്മം ചെയ്യിക്കാൻ പറ്റും ഭോകാർ വിഭവങ്ങളെല്ലാം അനുഭവിക്കും അപ്പൊ ഇതാരനുഭവിക്കും ശരീരം എന്തായാലും നശിച്ചു പോയ അപ്പോ ഇത് നശിക്കുന്നതിന് വേണ്ടി ഈ ശരീരം നശിച്ചാലും നശിക്കാതിരിക്കുന്ന ഒരു ഒന്ന് വേണം അതാണ് ആത്മാവ് അപ്പൊ കർമ്മം ചെയ്യുന്നതും അവൻ തന്നെയാണ് ഫലം അനുഭവിക്കുന്നതും അവൻ തന്നെയാണ് അപ്പോൾ അതനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടം വിട്ട് ഈ ഗീതേതുമൊക്കെ അത് വളരെ സ്പഷ്ടമായ പതിനഞ്ച് അധ്യാപികൾ കൃത്യമായി പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ശരീരം വിട്ടവൻ യാത്രയാവുകയാണ് അവിടുത്തെ ശരീരത്തിനു വേണ്ടി കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ പരലോകത്ത് നിന്നിട്ട് അവിടെ പുതിയ ശരീര സ്ഥിതി അതവിടെ പറയുന്നത് പുണ്യ പുണ്യേന ഇവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യകർമ്മം എന്ന് പറഞ്ഞു പണ്ട് പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നത് പുണ്യകർമ്മമാണ് അഗ്നിഹോത്രാദി ജ്യോതിഷോമാതി കർമ്മങ്ങളെല്ലാം പുണ്യകർമ്മങ്ങളാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ശരീരം മരിച്ചു പോയാലും ആത്മാവിശേഷി ശേഷിക്കുന്ന ഒന്നൊന്നുണ്ട് അതാണ് ആത്മാവ് അത് നേരെ ഈ പുണ്യവുമായി പുണ്യേന പുണ്യവും പോകും പുണ്യലോകങ്ങളിലേക്ക് അവിടെ പോയിട്ട് ഈ കർമ്മത്തിന്റെ ഫലം അവിടെ ഇരുന്ന് അനുഭവിക്കും എന്നാണ് അത് യുദ്ധമായാലും അങ്ങനെ തന്നെ അതാണ് ഇവിടെ പറയുന്നത് അർജുനോടും പറയുന്നത് യുദ്ധം ചെയ്താലും വിഷമിക്കേണ്ട മരിച്ചു പോയാലും വിഷമിക്കേണ്ട കാര്യമില്ല യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം എന്ത് ചെയ്യും സ്വർഗത്ത് പോകും അത് ഇങ്ങനെയുള്ള സ്വർഗ്ഗം ഊർവസി മേനകർ എൺപത്തി ലോത്തമ്മമാരൊക്കെയുള്ള സ്വർഗമാണ് അവിടെ ചെന്നിട്ട് ഈ ഇതിൻ്റെ എല്ലാം ഫലം അവിടെ പോയി അനുഭവിക്കും സുഖമായി ജീവിക്കും ഇനി നീ കൊല്ലുന്നവൻ നീ ഇതത്തിച്ചുപോയാലും നീ എന്താണോ മരിച്ചിട്ട് എവിടെ ചെന്നു സ്വർഗത്ത് ചെന്നു നിങ്ങളീ ഹൂറിയുടെ കഥയൊക്കെ പറഞ്ഞ ആൾക്കാരെ അധിക്ഷേപിക്കില്ലേ അതൊക്കെ പറഞ്ഞൂടെ ഒന്നും മനസ്സി വെച്ചിരിക്കുന്നു രഹസ്യമായി പുറത്ത് പറയണ്ട പുറത്ത് പറഞ്ഞാൽ നാണക്കേടാവും പുറത്തു പറയാതെ ഇതോടെ ഒന്നും മനസ്സിൽ വെച്ചിരിക്കും അവരായും അറിയില്ല ഇതൊക്കെ മറ്റുള്ളവർ അറിയുമെന്ന് ഞാൻ പുറത്തിറങ്ങിയൊന്നും പറയാതെ വെറുതെ എന്തിനാണ് നാണക്കേടണ്ടാകത്തിലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും പുറത്തിറങ്ങിയൊന്നും പറയണ്ട പക്ഷെ അറിഞ്ഞിരിക്കും മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് എന്ന് എല്ലാവരും പറയുന്നത് തന്നെയാണ് മട്ടിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഹോറിമാരുടെ കാര്യം പറയുന്നുണ്ട് സംഖ്യം ഒരു പേര് പറയുന്നില്ല ഇവിടെ പേര് ആധാർ കാർഡ് സഹിതമാണ് പറയുന്നത് ഒരു വശി മേനക രംബം ഏതാണ് നമ്മളാണോ അത് അവരാണ് അത് ഇത് ഒന്ന് മണി എഴുപത്തിരണ്ടിന് ഗൂഢൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാനില്ല എല്ലാം കണക്ക് എന്ന് ഞാൻ പറയുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കർമ്മഫല ഭോഗാർത്ഥതയാർ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ശരീരം അത് ഇഹലോകത്തിലായാലും ശരി പരലോകത്തിലായാലും ശരി അവിടെ വേറെ ശരീരമില്ല ഭൂതസംഘാത രൂപദേഹ ഭൂതസംഘാതരൂപത്തിലാണ് ദേഹം എന്ന് പറയുന്നത് ഭൂതങ്ങൾ കൂടി ചേർന്ന അത് പറയുന്നു പുണ്യ പുണ്യേന ഇത്യാദി ശാസ്ത്രീരുത്താഹ് നമ്മുടെ ശാസ്ത്രം അതിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് പുണ്യമായ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പുണ്യസമ്പാദിച്ച് പുണ്യലോകങ്ങളിൽ പോയി പുണ്യശരീരങ്ങൾ സ്വീകരിച്ച് പുണ്യഫലങ്ങളായ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാം പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നു അതെന്തുകൊണ്ടാണ് ഇതുകൊണ്ട് അവരെ സ്വർഗ്ഗ ലോകത്ത് പോയി കഴിഞ്ഞു കാരണം കർമ്മം ചെയ്യുന്ന ആണുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ അവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളും മറ്റും ഉണ്ട് കാരണം കർമ്മം ചെയ്യാൻ പുരുഷന് അധികാരമാണ് എല്ലാ മതങ്ങളും ഇത് തന്നെ പറഞ്ഞു ഒന്നും ഒന്നിനെക്കാളും വലിയ മെച്ചമൊന്നുമില്ല ഉണ്ടെന്ന് നമ്മൾ പറയാൻ ധരിക്കുകയാണ് കർമ്മ അവസാന വിനാശിഹ കർമ്മം എന്ന് വെച്ചാൽ ആ പുണ്യം തീരുമ്പോ ഇതെന്നു ഇവിടെ ആയാലും ശരി പരലോകത്തായിരുന്നു ക്ഷീണീപുണ്യം മർത്തുലോകം വിശന്ധി നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ അവിടെ പോയി അവിടുത്തെ അസുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ആ പുണ്യം തീരുമ്പം എന്ത് ചെയ്യും ഇങ്ങോട്ട് വരും ശരീരം നശിച്ചു ആത്മാവ് നശിക്കില്ലല്ലോ ആത്മാവ് തിരിച്ചു വരും ഇവിടെ വന്നാൽ വീണ്ടും ആരും പച്ചയാടും പുരോഹിതൻ തൊമ്പ ചന്ദിയാടും അവൻ പറയും നീ ഇതൊക്കെ ചെയ്യും ചെയ്യും വീണ്ടും പുണ്യം സമ്പാദിക്കും വീണ്ടും എന്തിനും പരലോകത്തിലേക്ക് പോകും അവിടെ പുരോഹിതന്മാരില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറയും പരലോകത്തിൽ കർമ്മഫലം അനുഭവിക്കാനേ പറ്റും കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നെന്തുകൊണ്ട് കർമ്മം ചെയ്യണമെങ്കിൽ പുരോഹിതം വേണം പുരോഹിതന്മാർ ഞങ്ങൾ ഇവിടെയാവുക അപ്പോൾ ഇവിടെ വന്നാൽ എന്തെയും പുരോഹിതം പറയും എന്നൊക്കെ ചെയ്യാം അത് അവനെ പുണ്യം കിട്ടും വീണ്ടും ഗതാഗതം കാമ കാമാൻ ഗീതയിലും എല്ലായിടത്തും പറയുന്നു ഇപ്പോ കുരവിനെ കുറിച്ച് അതാണ് ശരീരത്തിന്റെ പ്രത്യേകത കർമ്മം തീരുമ്പോ അത് നശിക്കും അതാണ് കർമ്മ അവസാന ആത്മാത്വവിനാശീ ഇതിനൊക്കെ വേണ്ടി എന്തുവേണം പോയാലും വന്നാലും അനേക ജന്മങ്ങളിൽ പോയാലും വന്നാലും നശിക്കാതിരിക്കുന്ന ഒരു സാധനം ഉണ്ടായ പേരും അത് പോരും അതിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാ അങ്ങനെ ഒന്നുണ്ട് അങ്ങനെ പുരോഹിതന്മാർ ഈ ആത്മാവിനെ കണ്ടുപിടിച്ചത് പിന്നെ ബാക്കിയുള്ളവരെ ചെയ്തു അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അതിനെ ബ്രഹ്മമാക്കി അതാക്കി ഇതാക്കി മുറ്റലാക്കി മനസ്സിലാക്കി എല്ലാത്തും മാറ്റി അപ്പൊ ഇത് സത്യമല്ലെന്നാണോ പറഞ്ഞു വരുന്നത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും സത്യമാണോ അല്ലെ കണ്ടുപിടിക്കേണ്ട ഓരോരുത്തരുടെയും ജോലിയാണ് ആത്മാവിനെ തേടി ഇറങ്ങിയിട്ട് കുറേ കാലം ആയാലോ കണ്ടെത്തിയോ എന്നൊക്കെ ഇനിയും സമയമുണ്ട് അന്വേഷിച്ച് കണ്ടെത്തുക കണ്ടെത്തിയാലോ എന്താ അസത്യമാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇത് നമ്മുടെ വേദിയിലേക്ക് കടന്നു പോകുന്ന ഈ രീതിയിലാണെന്ന് ഞാൻ പറയും അപ്പൊ ഇതൊക്കെ ഇല്ലാത്തതാണെന്നോ അസംബന്ധമാണെന്നോ അസത്യമാണെന്നോന്ന് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ധരിക്കരുത് വ്യാഖ്യാനിക്കരുത് ആത്മാവിനാശിയാണ് കുത്ത എന്തുകൊണ്ട് അപ്രമേയത്വ അത് അപ്രമേയമാണ് പ്രമാവിഷയമാണ് അല്ല നടത്തി അതിനെക്കുറിച്ചുകൂടെ വ്യാഖ്യാതാവ് പറയും പ്രമാവിഷയം അല്ല എന്ന് പറയുന്നത് ശരിയല്ല ശാസ്ത്രങ്ങളിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് അറിയാനുണ്ടോ അപ്പൊ അത് ഒരു തരത്തിലത് പ്രമേയവുമാണ് പ്രമാണിച്ച് യഥാർത്ഥമായാലും യഥാർത്ഥമായ ജ്ഞാനം അതിനു വിഷയമാണ് ആത്മാവ് ശാസ്ത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രം പ്രമാണമാണ് പ്രമാണത്തിൽ നിന്ന് അറിവുണ്ടായാലത് പ്രമേയാണ് പ്രമാണത്തിൽ നിന്ന് അറിവുണ്ടായാൽ പ്രമേയമാണ് ശാസ്ത്രം പ്രമാണമാണ് അതിലിന്ന് ആത്മാവിനെ കുറിച്ചുള്ള ആരും ഉണ്ടായാൽ ആത്മജ്ഞാനും പ്രമേയമാണ് അതിന്റെ വിഷയമാണ് ആത്മാവാണ് അപ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം എന്താണ് എന്നാ ഈ ആത്മാവ പ്രമേയതയാ ഉപലഭ്യതയെ അഭിതു പ്രമാതൃതയാണ് എന്നുവെച്ചാൽ ആത്മാവ് നമ്മൾ നമ്മളിവിടെ ആത്മാവിനെ അറിയുന്നത് പ്രമാതാവായിട്ട് അണക്കാര്യം പറയാൻ വേണ്ടിയിട്ട് ആ ഇത് ശങ്കരാചാര്യർ തൻ്റെ സിദ്ധാന്തം അനുസരിച്ച് മാറ്റം രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് പിന്നീട് പറയാം പ്രമാതാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു അറിയുന്നവനായിരിക്കുന്നു ഞാൻ അത് വ്യക്തമായുള്ള പറയും ഞാൻ എന്നിങ്ങനെ അറിയുന്നവനായി ഉള്ളിലിരിക്കുന്നത് കേവലം നമ്മുടെ മനസ്സോ ബോധമോ ബുദ്ധിയോ ഒന്നുമല്ല അതെന്താണ് അവിനാശിയായ ആത്മാവാണെന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും ബോധമില്ലല്ലോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊന്നും ബോധമില്ലല്ലോ ബോധം കെട്ടുകഴിഞ്ഞാൽ ഞാനൊന്നും ബോധമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടെന്താ അപ്പൊ ബോധമേ ഇല്ലാതാകുന്നുള്ളൂ അങ്ങനെ ബോധമില്ലാതിരുന്നതിന് ശേഷിക്കുന്നതിനാണ് പ്രമാതാവ് പറയുന്നത് പക്ഷെ ബോധമുള്ളപ്പോൾ പ്രമാതാവായി അറിയുന്നതാണ് ആത്മാവ് ബോധമില്ലാത്തപ്പോ അതവിടെയുള്ളത് അത് പ്രമാതാവായി അറിയുന്നവനായി ഇല്ലാതിരുന്നു നമ്മുടെ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധരൂപത്തിലില്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു ബോധരൂപത്തിലും നിർവിശേഷ ചൈതന്യമായിട്ടും അങ്ങനെയൊക്കെ വയ്ക്കാനും എന്തായാലും ആത്മാവ് ഉണ്ട് എന്നിവിടെ തർപ്പിച്ചു പറയുന്നത് ആത്മാവനാണ് ആത്മാവാണ് അഹം എന്നിങ്ങനെ അറിയുന്നവനായി ഓരോ ശരീരത്തിൻ്റെയും ഉള്ളിൽ ഇരിക്കുന്ന അതാണ് ആത്മാവ് അത് നശിക്കാത്തവരാണ് അറിവ് അറിയുന്നവൻ നശിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം തർക്കാലം നടത്താം